അള്ളാഹുസുബഹാനുഹൂവ ചായാല ഏറ്റവും നല്ല വചനമായ സമാനമായതും ആവർത്തിച്ചുള്ളതുമായ ഒരു ഗ്രന്ഥത്തെ ഇറക്കിത്തന്നു തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ തൊലി അത് കേട്ടു വിറയ്ക്കും പിന്നീട് അള്ളാഹു സുബാനുഹുവ ചായാലായായുടെ സ്മരണയിൽ അവരുടെ തൊലിയും ഹൃദയങ്ങളും മൃദുവാകും അത് അാഹുസുബാനുഹുവ ചായാലായുടെ സന്മാർഗമാണ് അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ സന്മാർഗം നൽകുന്നു അള്ളാഹു സുബഹാനഹുവ ചായാല ആരെ വഴിപിഴപ്പിക്കുന്നുവോ അവന് സന്മാർഗ്ഗദർശിയാകാൻ ആരുമില്ല